അള്ളാഹുസുബഹാനഹുവറ്റായാലയുടെ അനുഗ്രഹവും കാരുണ്യവും നിങ്ങളുടെ മേൽ ഇല്ലായിരുന്നുവെങ്കിൽ അവരിലെ ഒരു വിഭാഗം നിങ്ങളെ വഴിതെറ്റിക്കാൻ ശ്രമിക്കുമായിരുന്നു എന്നാൽ അവർ സ്വന്തത്തെയല്ലാതെ മറ്റാരെയും വഴിതെറ്റിക്കുന്നില്ല അവർക്ക് നിങ്ങളെ ഒട്ടും ഉപദ്രവിക്കാനും കഴിയില്ല അള്ളാഹു സുബഹാനഹൂവറ്റയാല നിങ്ങൾക്ക് ഗ്രന്ഥവും ജ്ഞാനവും ഇറക്കിത്തന്നു നിങ്ങൾക്കറിയാത്ത കാര്യങ്ങൾ അവൻ നിങ്ങളെ പഠിപ്പിച്ചു തീർച്ചയായും അള്ളാഹു സുബഹാനഹു വയാലയുടെ അനുഗ്രഹം നിങ്ങളുടെ മേൽ മഹത്തരമാണ്